ധ്യായം പതിനൊന്ന് നിന്ദ നിന്റെ ദേവദാരുക്കൾ തീക്ക് ഇരയായിത്തീരേണ്ടതിന് വാതിൽ തുറന്നുവെക്കുക ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചുമിരിക്കാൽ സരളവൃക്ഷമേ ഓളിയിടുക ദുർഗമവനം വീണിരിക്കിയാൽ ബാഷാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവിൻ ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കെട്ടുവോ യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കെട്ടുവോ എന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അറുപ്പാനുള്ള ആടുകളെ മെയ്ക്ക അവയെ മേടിക്കുന്നവർ കുറ്റമെന്ന് എണ്ണാതെ അവയെ അറുക്കുന്നു അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു അവയുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല ഞാനിനി ദേശനിവാസികളെ ആദരിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവന്റെ കൂട്ടുകാരന്റെ കൈയിലും അവനവന്റെ രാജാവിന്റെ കൈയിലും ഏൽപ്പിക്കും അവർ ദേശത്തെ തകർത്തുകളെയും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടു കോളെടുത്ത് ഒന്നിന് ഇമ്പമെന്നും മറ്റേതിന് ഒരുമ എന്നും പേരിട്ടു അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ട് എന്നാൽ ഞാൻ ഒരു മാസത്തിൽ മൂന്ന് ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു എനിക്കവരോട് വെറുപ്പു തോന്നി അവർക്ക് എന്നോടും നിരസം തോന്നിയിരുന്നു ഞാൻ നിങ്ങളെ മേയ്ക്കയില്ല മരിക്കുന്നത് മരിക്കട്ടെ കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ ശേഷിച്ചിരിക്കുന്നവ ഒന്ന് മാംസം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു അനന്തരം ഞാൻ ഇമ്പമെന്ന കോൽ എടുത്തു ഞാൻ സകല ചെയ്തിരിക്കുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞു അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവിൻ ഇല്ലെന്നു വരിക തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കിത്തന്നു എന്നാൽ യഹോവയനോട് അത് ഭണ്ണാരത്തിൽ ഇട്ടുകള അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ആ മുപ്പത് വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിൽ ഇട്ടുകളഞ്ഞു അനന്തരം ഞാൻ യഹൂദയും ഇസ്രയേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൾ മുറിച്ചുകളഞ്ഞു എന്നാൽ യഹോവയെന്നോട് കൽപ്പിച്ചത് നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറിപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന തുമ്പുകെട്ട ഇടയന് അയ്യോ കഷ്ടം അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച അവന്റെ ഭുജം അശേഷം വരണ്ടും വലം കണ്ണ് അശേഷം പോകട്ടെ